നിങ്ങൾ അവരുടെ മതത്തെ പിന്തുടരുന്നതുവരെ ജൂതന്മാരും ക്രിസ്ത്യാനികളും നിങ്ങളിൽ തൃപ്തരാകുകയില്ല അള്ളാഹു സുബഹാനുഹൂവത്തായാല നൽകിയ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം എന്നു പറയുക നിങ്ങൾക്ക് അറിവ് ലഭിച്ചതിനു നിങ്ങൾ അവരുടെ തന്നിഷ്ടങ്ങളെ പിന്തുടരുകയാണെങ്കിൽ അള്ളാഹുസുബഹാനുഭൂവത്തായാലയുടെ അടുക്കൽ നിങ്ങൾക്ക് യാതൊരു രക്ഷാകർത്താവോ സഹായിയോ ഉണ്ടാവുകയില്ല